അള്ളാഹു സുബാനഹു വഅാലായുടെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് ചിലവഴിക്കുകയും അതിനുശേഷം തങ്ങൾ ചിലവഴിച്ചതിനെക്കുറിച്ച് ഉപകാരങ്ങൾ ഓർമ്മിപ്പിച്ചോ ഉപദ്രവിച്ചോ സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ പ്രതിഫലമുണ്ട് അവർക്ക് ഭയമില്ല അവർ ദുഃഖിക്കുകയുമില്ല